അതുപോലെ നിനക്ക് മുമ്പ് ഏതൊരു നാട്ടിലും നാം ഒരു മുന്നറിയിപ്പുകാരനെ അയച്ചപ്പോഴും അവിടുത്തെ സമ്പന്നർ പറഞ്ഞു ഞങ്ങളുടെ പിതാക്കൾ ഒരു മതത്തിലായിരുന്നു ഞങ്ങൾ കണ്ടെത്തിയത് അവരുടെ പാത ഞങ്ങൾ